സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ അള്ളാഹു സുബാനഹൂവത്ത് ആലയുടെ സ്മരണയ്ക്കും ഇറക്കപ്പെട്ട സത്യത്തിനും മുന്നിൽ വിനീതമാകേണ്ട സമയമായി കഴിഞ്ഞില്ലേ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ അവർ ആകരുത് കാലം ദീർഘമായപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കഠിനമായിപ്പോയി അവരിൽ പലരും അധർമ്മകാരികളുമാണ്